ഗീതയിൽ ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞു നമ്മൾ ഉണർന്നിരിക്കുന്ന സ്ഥലത്ത് യോഗി ഉറങ്ങുന്നു നമ്മൾ ഉറങ്ങുന്ന സ്ഥലത്ത് യോഗി ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ യാവഭൂതം യം ജാഗ്രതി ഭൂതാമി സാ നിശ പശ്യത്തോ മുനേ പശ്യത ഋഷി എന്നുള്ള വാക്കിനർത്ഥം പശ്യത്തി സഹ ഋഷിഷ്യ ദർശനത്ത് ഋഷി ദർശനെ കാണുന്നവൻ എന്നാണ് അർത്ഥം നമ്മൾ കാണുന്നില്ല നമുക്കും ജ്ഞാനിക്കും എന്താ വ്യത്യാസം ഭഗവാൻ നമ്മുടെ മഹർഷിയോട് ഒരാൾ ചോദിച്ചു ജ്ഞാനികൾ എന്തോ വിധത്തിലാണ് ലോകത്തിനെ കാണുന്നത് എന്ന് പറയുന്നു ഭഗവാൻ എങ്ങനെയാ കാണുന്നത് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു നിങ്ങളൊക്കെ കാണുന്നത് ഞാനും കാണുന്നുള്ളൂ പക്ഷെ നിങ്ങൾ എന്നെ കാണും കൂടുതൽ കാണുന്നുണ്ടെന്ന് മാത്രം അതിന്റെ മേലെ വേറെ എന്തൊക്കെയോ ശരീരവും മനസ്സും ആണ് പെണ്ണ് രാഗദ്വേഷക്കെ ഉണ്ട് എനിക്കതൊന്നും ആ ഉള്ള വസ്തുവേ കാണുള്ളൂ ഇത് കാണുന്നില്ല എന്നാണ് ഭാഗവതം പറയുന്നു പശ്യന്തോപിനെ പശ്യന്തി പശ്യന്തം പരമേശ്വരം പശ്യന്തോപിനെ പശ്യന്തി കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ പശ്യന്തം ന പശ്യന്തി ആരാമമസ്യം പശ്യന്തി ന തം പശ്യന്തി കാണുന്നുണ്ട് ആളെ കാണുന്നില്ല എന്നാണ് പശ്യന്തോപിനെ പശ്യന്തി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നാലും കാണുന്നവനെ കാണുന്നില്ല പശ്യന്തം പരമേശ്വരം പശ്യന്തി കാണുന്നവനെ കാണുന്നില്ല അപ്പൊ കാണുന്നവനെ കാണുന്ന ഒരു ചമത്കാരം അറിയുന്നവനെ അറിയുന്ന ഒരു ചമത്കാരം മനനം ചെയ്യുന്നവനെ മനനം ചെയ്യുന്ന ഒരു ചമത്കാരം അതിനെയാണ് കൗശലമെന്നും ആ കൗശലമുള്ളവനെ ആശ്ചര്യമെന്ന വണ്ണം ശ്രുതിമാതാവ് തന്നെ പറയുന്നു ആ ആശ്ചര്യം സമ്പാദിച്ചാൽ ജീവിതം ഒരു സവനമായിട്ട് തീരുമോ ഒരു യജ്ഞം ജീവിതമെന്ന് പറയണത് ഒരു യജ്ഞം ആ യജ്ഞം ഇപ്പോ പതിനെട്ടാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അവബൃതം പോലെയാണ് ഈ യജ്ഞം പൂർത്തിയാക്കണം ശാന്തി സന്യാസം എന്ന് പറഞ്ഞല്ലോ സന്യാസം എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നിങ്ങള് ഒന്നും ചെയ്യാതെ ശരിക്കും പറഞ്ഞാൽ വയസ്സാകുവാ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ പറയണ ഒരു കാര്യം എന്താ ഒന്നും ചെയ്യാൻ വയ്യട്ടോ ഗുണം അല്ലേ എല്ലാവരുടെയും കംപ്ലൈന്റ് എന്താന്ന് വെച്ചാൽ ഒന്നും ചെയ്യാം ഒരു പൂജ ചെയ്യാൻ പറ്റണില്ല ഒരു ഭാഗവതം കേൾക്കാന്ന് വെച്ചാൽ ചെവി കേൾക്കണില്ല കണ്ണുകൊണ്ടൊന്നും കാണാൻ വയ്യ നടക്കാൻ വേണമെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകണം ചിലർക്ക് അതും പറ്റില്ല കിടന്നു കിടപ്പാ ഇത് എല്ലാരും യുവാക്കൾ യൗവനത്തിലുള്ളവരെ മാത്രമേ കാണുകയുള്ളൂ മുമ്പില് പലരും പറയണ്ട് യൗവനത്തിലുള്ള ആളുകൾ യുവാക്കളെ കുറെ ശേഖരിക്കണം ഭാഗവതം കേൾക്കാനും ഗീത കേൾക്കാനും ഒക്കെ എനിക്കങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല എന്താന്ന് വെച്ചാൽ അവർ പലർ ഇത് ആവശ്യമില്ല ചിലർക്ക് അതിന്റെ ആവശ്യം വരും അവർ ഭാഗ്യവാന്മാരാണ് നല്ല ഇന്ദ്രിയങ്ങളൊക്കെ ബലമായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ ബ്രഹ്മവിദ്യ വേണമെന്ന് ആശിക്കുന്നതും ഭാഗ്യവൻ ജീവിതം മുഴുവൻ അതിന്റെ സുഖം അനുഭവിക്കാം പക്ഷേ വയസ്സാവുമ്പോ വയ്യാതാവുമ്പോ വേറെ ഒന്നും നമുക്ക് അനുഗ്രഹം ചെയ്യാൻ ഉണ്ടാവില്ല നമ്മളുടെ ഉപാസനകളടക്കം നമ്മളെ കൈവിട്ടു പോകും അപ്പൊ സന്യാസം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് ഒരു സ്ഥിതി എന്താ സ്ഥിതിയുടെ സ്വഭാവം വെച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ധ്യാനിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ജപിക്കുന്നില്ലെങ്കിലും നിങ്ങൾ പൂജിക്കുന്നില്ലെങ്കിലും നിങ്ങളെ ആരും അന്ന് അന്വേഷിക്കുന്നില്ലെങ്കിലും അഥവാ ആരും സ്നേഹമായിട്ട് പെരുമാറുന്നില്ലെങ്കിലും നമ്മൾക്ക് വർത്തമാനം പറയാനോ സംസാരിക്കാനോ ആരുമില്ലെങ്കിലും എപ്പോഴും ഏകാന്തമാണെങ്കിലും ഉള്ളില് ചലിക്കാത്ത ശാന്തി ഉണ്ടെങ്കിൽ ആ ശാന്തിക്ക് ഭഗവാൻ ഒരു പേര് വെച്ചു ബ്രാഹ്മി സ്ഥിതി എന്ന് വെച്ചു ആ സ്ഥിതിയെ യോഗം എന്ന് പറഞ്ഞു എന്താ യോഗം എന്ന് വെച്ചാൽ ദുഃഖ സംയോഗ വിയോഗം എന്ന് പറഞ്ഞു ദുഃഖത്തിനോടുള്ള കണക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു അർത്ഥം എന്ന് വെച്ചാൽ ഇനിമേലാൾ ദുഃഖത്തിനും എനിക്കും സംബന്ധമേ ഇല്ല ഇതറിയാതെയാണ് ജനങ്ങൾ പാവം വല്ലാതെ വിഷമിക്കുന്നത് വേദനിക്കണതല്ലേ ഇതിന് ഭഗവാൻ പറഞ്ഞു ഈ വിദ്യയെ അസൂയ ഇല്ലാതെ കേൾക്കുകയാണെങ്കിൽ പറഞ്ഞുതരാൻ തോന്നുന്നു അനസൂയവേ പ്രവക്ഷ്യാമി എന്താ അസൂയന്ന് വെച്ചാൽ പലർക്കും പ്രിജുഡിസ് ഇതിനോടൊക്കെ പ്രിജുഡിസ് ആണ് ഇങ്ങനെയൊരു രത്നം ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ ഒരു ജീവിതശാസ്ത്രം ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് ഉള്ളു പോണില്ല എന്നുവെച്ചാൽ പ്രാരബ്ധ അതാണ് വാസന എന്ന് കണ്ടത് അപ്പോ അങ്ങനെ ഒരു സ്ഥിതി യോഗമെന്നൊരു പേര് പറഞ്ഞു ബ്രാഹ്മീ സ്ഥിതി എന്ന് പറഞ്ഞു ശരണാഗതി എന്ന് പറഞ്ഞു എല്ലാറ്റിനുമേലൊരു വാക്ക് ഭഗവാൻ പറഞ്ഞു അത് തന്നെയാണ് ഹേ അർജുന സന്യാസം എന്നുള്ളത് മോക്ഷം എന്നുള്ളത് അത് തന്നെ പരാം ശാന്തി പ്രാപ്സി ശാശ്വതം ശാശ്വതമായ ശാന്തി ആ ശാന്തി തന്നെ നോക്കൂ ഈ ശാന്തി നിങ്ങൾ എന്തെങ്കിലും ഉപായം കൊണ്ട് ശാന്തി അല്ല ഇപ്പൊ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു വന്നിട്ടില്ലയോ ഒരു കാര്യം അറിഞ്ഞോളാ ജ്ഞാനിയുടെ സ്ഥിതി എന്താണ് എന്നുവെച്ചാൽ ജ്ഞാനിക്ക് ശാന്തിയുണ്ട് പക്ഷെ മെഡിറ്റേഷൻ കൊണ്ടുള്ള ശാന്തിയല്ല മെഡിറ്റേഷൻ ചെയ്താലും മെഡിറ്റേഷൻ ചെയ്തിട്ടില്ലെങ്കിലും ശരീരത്തിൽ എന്തൊക്കെ തന്നെ വേദനയുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും എല്ലാറ്റിനും നടുവില് കയോസിന് നടുവില് ഒരു സെന്റർ ഉണ്ട് അവിടെ ശാന്തി ഉണ്ട് പ്രകൃതിയുടെ എല്ലാ വിഷമങ്ങൾക്കു നടുവിലും നിരാകുലനാണ് തുഷാരകര ബിംബാച്ഛം മനോയസ്യ നിരാകുലം മരണ ഉത്സവ യുദ്ധേഷു സ ശാന്തേന യോഗവാസിഷ്ടത്തിൽ ഒരു നിർവചനമാണ് നല്ല പൂർണ്ണചന്ദ്രനെ പോലെ തെളിഞ്ഞു പ്രശാന്തമായിട്ടിരിക്കണം മനസ്സ് സ്വച്ഛമായിട്ടിരിക്കണം ഒന്നുകൊണ്ടും വിഷമിക്കണില്ല ഒന്നിനെയും ചിന്തിച്ച് വേദനിക്കുന്നില്ല എന്തുകൊണ്ട് വേദനിക്കണില്ല എന്ന് വെച്ചാൽ വേദന ഉണ്ടാക്കുന്നതിനൊക്കെ ഉപേക്ഷിച്ചു എന്തെന്ത് വേദന ഉണ്ടാക്കുമോ അത് എത്ര വിലപ്പെട്ട വസ്തുവാണെങ്കിലും വേണ്ടെന്ന് വെച്ചു ചിലപ്പോൾ അവസാനം നമ്മൾ ചെയ്യണ സാധനൊക്കെ വേദന ഉണ്ടാക്കും സാധനയും വേണ്ട ജഹിശസ്ത്രം പുറത്തുള്ള വസ്തുക്കൾ ഉയർന്ന വസ്തുക്കൾ പോലും വേദന ഉണ്ടാക്കും മാറ്റിവെച്ചു എല്ലാം വിട്ടുകഴിഞ്ഞപ്പോ ഇനി ഉപേക്ഷിക്കാൻ ഒന്നുമില്ല ശങ്കരാചാര്യർ ഗീതാഭാഷ്യം തുടങ്ങുമ്പോൾ പറഞ്ഞു ത്യജധർമ്മർമ്മം ഉഭേ സത്യാജ ഉഭേ സത്യനൃതേ തേന തീ തത്യജ എല്ലാത്തിനെയും ത്യജിക്കു അവസാനം എന്ത് ഉപായം വെച്ചുകൊണ്ട് എല്ലാത്തിനെയും വിടണോ അതിനെയും ഇങ്ങോട്ട് വിട്ടേക്കാന്ന് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ത്യാഗം ഈ അധ്യായം തുടങ്ങുന്ന തന്നെ ത്യാഗം അച്ഛണ്ടായിരുന്നു ആന്തരികമായ ത്യാഗം ആ ത്യാഗത്തിനെ അതാണ് ഏറ്റവും വലിയ യോഗം ആ ത്യാഗം ഉള്ളുകൊണ്ട് നിസ്സംഗതയാണ് അവസാന ആവുമ്പത് ജ്ഞാനമാണ് അതായത് ത്യജിക്കുകയല്ല നമ്മൾ ചെയ്യണത് സ്ക്രീനില് സിനിമയെ ത്യജിക്കേണ്ട ആവശ്യമില്ല ആ സ്ക്രീനിൽ സിനിമ ഇല്ല അല്ലേ അത് വെറും തോന്നലാണ് അതുപോലെ നമ്മളുടെ സ്വരൂപത്തിലെ പ്രപഞ്ചമോ മറ്റു വിഷയങ്ങളോ ഒന്നും ആത്മാവിനെ ഒരു കളങ്കപ്പെടുത്തുന്നില്ലെന്നും ഉള്ള ആ ബോധം ഉള്ളിൽ ഉണ്ടാവുന്നു എന്നുള്ളത് ഉയർന്ന ഒരു മണ്ഡലം ആ തലം വരയ്ക്കും ഈ ഇരിക്കുന്ന മനുഷ്യ ശക്തിക്ക് സാധിക്കും പോവാൻ അതല്ലേ ജീവിതത്തിന്റെ പ്രയോജനം അല്ലെ ലളിതമായി പറഞ്ഞാൽ ആ ഭഗവത് സാക്ഷാത്കാരത്തിനാണ് ഈ മനുഷ്യ ശരീരം അത് നമ്മളിവിടെ ആകപ്പാടെ ചെയ്യണതെന്താ തിന്നുന്നു ഉറങ്ങുന്നു വ്യവഹരിക്കുന്നു ഇങ്ങനെ ജീവിതം പോയി പോയി പോയി അവസാനം പൂന്താനം പറഞ്ഞു ചുട്ടു തിന്നുന്നു പാവം ശിവശിവ ചത്തു പോകുന്നു നമുക്ക് പറഞ്ഞു ആ ഒരു അധോഗതി വരാതിരിക്കാനായിട്ട് അപാര കരുണയോടുകൂടെ ഭഗവാൻ അർജുനനെ നിമിത്തമാക്കി വെച്ചുകൊണ്ട് നമുക്കായിട്ട് കറന്നു തന്നു വേദാർത്ഥത്തിനെ ഉപനിഷർത്ഥത്തിന് അത് ഇത്രയും അധ്യായങ്ങളിൽ പറഞ്ഞു ഗീത ഒരിക്കൽ പഠിച്ചാൽ പോരാ വ്യാഖ്യാനത്തോടെ പഠിച്ചാലും പോരാ വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും പാരായണ നിത്യ വെച്ചുകൊണ്ടേയിരുന്ന കുറച്ചു കുറച്ച് കുറച്ച് കുറച്ചായിട്ട് പ്രകാശിക്കും നമുക്ക് അന്നന്ന് വേണം എന്നുള്ളത് അപ്പൊ അതൊന്ന് കിട്ടും ഗീതാവും ആശ്രിത്യ തിഷ്ടാമി ഗീതാമേ ഉത്തമം ഗൃഹം കൃഷ്ണൻ പറഞ്ഞു എന്നെ കാണണമെങ്കിൽ ഞാൻ എവിടെ എവിടെയാ പോണ്ടത് ഗുരുവായൂര് പോണു ബദ്രിയിൽ പോണു വൈകുണ്ഠത്തിൽ പോണോ എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ ഗീതാ മഹാത്മ്യത്തിലുള്ള ശ്ലോകമാണ് ഭഗവാൻ പറഞ്ഞു ഗീതാമാശ്രിത്യ തിഷ്ഠാമി ഗീതയെ ആശ്രയിച്ച് ഞാൻ ഇരിക്കുന്നു ഗീതാമേ ഉത്തമം ഗൃഹം ഗീതയാണ് എൻ്റെ വീട് പ അവിടെ വന്ന് നോക്കിയാൽ എന്നെ കാണാൻ കൃഷ്ണനെ കാണാനൊക്കും കൃഷ്ണ സ്വരൂപം എന്താണെന്ന് അറിയാൻ ഒക്കും ആ ഗീതയുടെ സാരം ഭഗവത്ഗീതാ സാരം ഗീത എന്ന് പറയണം അല്ലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ ഉപനിഷത്താണ് ഗീത ഉപനിഷത്ത് അല്ലെങ്കിൽ ഗീതം എന്നാണ് വരേണ്ടത് ഗീത എന്ന് നിക്കാൻ കാരണം ആ സ്ത്രീലിംഗ പ്രയോഗം അതിന് പുറകിലൊരു പദം ഉള്ളതുകൊണ്ടാ മറ്റേ ഭഗവത്ഗീത ഉപനിഷത്ത് എന്നാണ് ആ ഗീതോപനിഷത്തില് ഗീതാ ഉപനിഷത്തില് മോക്ഷ സന്യാസ യോഗം എന്ന ഈ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പക്ഷെ ഈ അധ്യായം സ്വാമി പറഞ്ഞ പോലെ മുമ്പുണ്ടായിരുന്ന അധ്യായത്തിന്റെ മുഴുവൻ കാച്ചിക്കുറുക്കിയെടുത്ത സാരമാണ് എൻ എൻ രാമചന്ദ്രൻ സാർ പറഞ്ഞ പോലെ അടുത്ത വർഷം നമുക്ക് പുതിയ ഒരു സബ്ജക്ട് വീണ്ടും ഗീത തുടങ്ങാം എന്താന്ന് വെച്ചാൽ അവസാനമേ ഇല്ല അതുകൊണ്ട് നമ്മളെ ശാസ്ത്രം പഠിക്കുമ്പോ സമ്പ്രദായം തന്നെ എങ്ങനെയാന്ന് വെച്ചാൽ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഗീത് ഭാഗവത സപ്താഹം കഴിയുമ്പോൾ അവസാനത്തെ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞിട്ട് ജന്മാദ്യസ്യ തോന്വയാതി അഭിജ്ഞസ്വരാട് എന്ന് പറഞ്ഞു തുടങ്ങിവെക്കും എന്തിനാന്ന് വെച്ചാൽ ഇനിയും തുടങ്ങണം എന്നാണ് പൗനഃ പുണ്യേന ആവർത്തനം അപ്പോ പതുക്കെ പതുക്കെ കടഞ്ഞെടുക്കണം കടഞ്ഞെടുത്താലേ ഉള്ളിലുള്ള അനുഭൂതി അപ്പർ സ്വാമികൾ തൃനാവ സ്വാമികൾ തമിഴിൽ ഒരു നല്ല ദേവാരം അതിലെ ശിവനെ എങ്ങനെ കാണാം എന്ന് ചോദിക്കുമ്പോ പറയണു ഉറവു കോൾ നട്ട് ഉണർവ് കയറ്റാൽ ഈർത്ത് ഉരുഗവാങ്ങി കടയ മുൻ നിറവു നട്ട് ഭഗവാന്റെ അടുത്ത് ഒരു ഉറവ് ഒരു എന്തോ ഒരു വിധത്തിലൊരു കണക്ഷൻ റിലേഷൻഷിപ്പ് ഉണർവ് കയർ ഉണർവ് എന്ന് വെച്ചാൽ ജ്ഞാനം ബോധം അത് ആവുന്ന കയറുകൊണ്ട് കടഞ്ഞ് ഉരുക വാങ്ങിക്കടയ ഉരുക എന്നുള്ളത് സാധാരണ ഉരുക ഭക്തിയില് ശരി അത് ജീവിതത്തിൽ മുഴുവൻ സർവഭാവേന എന്ന് ഭഗവാൻ പറയുന്നു അല്ലെ എല്ലാത്തിനെയും അതിലേക്ക് ഇടണം അങ്ങനെ കടഞ്ഞെടുക്കുമ്പോൾ വെണ്ണ ഉള്ളെന്ന് വരണ പോലെ ഈ ശിവാനുഭവം ഈ ശാന്തി അമൃതം കടല് കടഞ്ഞെടുക്കണ അമൃതം എന്ന് പറയണത് നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് കടഞ്ഞെടുക്കണം ആ അമൃതം ആ ശാന്തി ആ അമൃതാനുഭവം ഒരു കംപ്ലീഷൻ അതായത് ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഉള്ളിലൊരു ധന്യത ഒരു സന്തോഷം ആ അനുഗ്രഹത്തിന്റെ ഒരു ഒരു ചാരിതാര്ത്ഥത ഒരു കൃതാർത്ഥത എന്ന് പറയില്ലേ ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം ആ ഒരു സന്തോഷം കിട്ടിയാൽ നമ്മളെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി എന്നർത്ഥം അല്ലാതെ സക്സസ് എന്ന് പറഞ്ഞാൽ കുറെ പണ അല്ലെങ്കിൽ ലോകത്തിലുള്ളവരൊക്കെ നമ്മളെ അറിയുന്നതോ പ്രസിദ്ധമാവണതോ ഒന്നുമല്ല അതൊക്കെ വെറും നുണയാ വലിയ വലിയ പ്രസിദ്ധരായ ആളുകളൊക്കെ മരിക്കുമ്പോൾ അപാര ദുഃഖത്തോടെയാണ് മരിക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രസിദ്ധിയൊന്നും അവർക്ക് സന്തോഷം കൊടുത്തില്ല നമ്മളെ ഒരു ലക്ഷം ആളുകൾ വിളിച്ച് സ്തുതിച്ചിട്ട് എന്ത് കാര്യം ഋഷികേഷില് ഒരു സ്വാമി ഉണ്ടായിരുന്നു പത്തെപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ശിഷ്യന്മാരൊക്കെ കൂടെ ആരാധിച്ചു ശതാഭിഷേകത്തിന് അപ്പൊ സ്വാമിയെ വലിയ മഹാത്മാവാണ് ഒരുപാട് പേർക്ക് പാഠം ചൊല്ലിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ലക്ഷക്കണക്കിന് ശിഷ്യന്മാർ വന്ന് സ്വാമിയെ ആരാധിച്ച് ദീപാരാധന കാണിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരത്തി എഴുതി അരമണിക്കൂർ പാടിക്കും അത് കഴിഞ്ഞ് അനുഗ്രഹപ്രഭാഷണത്തിന് വിളിച്ചപ്പോൾ സ്വാമി പറഞ്ഞു ദുഃഖ സന്തോഷമാണോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കണത് എന്താന്ന് വെച്ചാൽ സന്തോഷം ഉള്ളിലുണ്ട് ആത്മാവനെ അറിഞ്ഞാൽ സ്വയം അറിഞ്ഞാൽ സന്തോഷം നിങ്ങൾ അത് വിട്ടിട്ട് എന്നെ ഇരുത്തി ഒന്നര മണിക്കൂർ എൺപത്തി അഞ്ച് വയസ്സ് ആളെ ആയ പിടിച്ചിരുത്തി അരമണിക്കൂർ ആരത്തി ഒഴിഞ്ഞു എനിക്ക് കൊറേ നേരമായി വയസ്സായി ബുദ്ധിമുട്ട് പോവാൻ നിവൃത്തിയില്ല അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞതാ ബുദ്ധിമുട്ടാ എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു ഒരു നിവൃത്തിയില്ല ഇപ്പൊ എന്തായി ഇപ്പൊ എനിക്കുള്ള സുഖവും പോയി പോ ഇതാണ് സംഭവിച്ചത് അപ്പൊ പ്രസിദ്ധി എന്നൊക്കെ പറയണത് ഇങ്ങനെയാ ഏ കൊറേ ആളുകൾ ഒരു സമാധാനം ഒരു സന്തോഷം ഉണ്ടാവില്ല വെളിയിലൊന്നുമല്ല ഒരു മുറിയുടെ ഉള്ളിലിരുന്ന സുഖമായിട്ടിരിക്കാം ജനസമൂഹത്തിലും സുഖമായിട്ടിരിക്കാം ജനകൻ പറഞ്ഞു ഈ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഞാൻ സുഖമായിട്ടിരിക്കണോന്ന് തോന്നുന്നു അഹോ ജനസമൂഹേപ്പി നദ്വൈതം പശ്യത്തോ അരണ്യം ഇവ സംവൃത്തം കൊരത്തി കറവാണ്യഹം ഈ കൂട്ടത്തിന്റെ നടുവില് രണ്ടാമതൊരു വസ്തു കാണാത്ത എനിക്ക് കൊടുങ്കാട്ടിലിരിക്കണ പോലെ ശാന്തി നടന്നു നിശ്ചലത എനിക്ക് ഒന്നിനോട് ഒരു സംഘമില്ല അപ്പൊ അങ്ങനെയാവാം അല്ലേ പക്ഷെ ഏകാന്തത്തിലും വേദാന്തം ഏകാന്തത്തില് തെളിയണമെങ്കിൽ ഭേദാന്തം വരണം എന്നാണ് എന്നാൽ ഏകാന്തത്തില് വേദാന്തത്തിന്റെ അനുഭൂതി ഉണ്ടാവും ഏകത്തില് എല്ലാത്തിനെയും അന്തം ചെയ്യണതാണ് ഏകാന്തം ഒന്നേ ഉള്ളൂ രണ്ടാമതൊരു വസ്തുവില്ല എന്ന അനുഭവം പൂർണമായ ശാന്തി നിർവൃത്തി അതിനെ തരാനാണ് അതാണ് മോക്ഷം എന്ന് പറയണത് മുക്തി എന്ന് പറയണത് ശാന്തിയാണ് ആത്മാവിന്റെ സ്വരൂപമാണ് നമ്മളുടെ ഉള്ളിലുണ്ട് അതിനുള്ള ഒരു ക്ലൂ ആണ് നമ്മൾ ദിവസം ഉറങ്ങുമ്പോ സുഖമായി ഉറങ്ങി എന്ന് എഴുന്നേറ്റിട്ട് പറയണു സുഖം എവിടുന്നു വന്നു പുറത്ത് വന്നില്ല അല്ലേ ആ ഡീപ്പ് സ്ലീപ്പില് എവിടുന്നു സുഖം വന്നു ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ഞാൻ നീ എന്നുള്ളതൊന്നുമില്ല എന്നിട്ട് സുഖമായിട്ടിരുന്നു എന്ന് പറഞ്ഞു അപ്പോ നമ്മളുടെ ഉള്ളിലെ തന്നെ ഒരു സ്റ്റേറ്റ് ഉണ്ട് എല്ലാ ബന്ധമും വിച്ഛിന്നമായപ്പോ സുഖം വന്നു ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് എന്താന്ന് വെച്ചാൽ സുഷുപ്തിയിൽ ദുഃഖിക്കുക ഇതുവരെ ആരോ സാധിച്ചിട്ടില്ല ജാഗ്രതയില് ദുഃഖിക്കാൻ പറ്റും സ്വപ്നത്തിൽ ദുഃഖിക്കാൻ പറ്റും സ്വപ്നം കടന്ന് ദുഃഖത്തിന് പ്രവേശമില്ല ദുഃഖം അത്രക്കേ ഉള്ളൂ അതിനേക്കാൾ സൂക്ഷ്മ മണ്ഡലത്തിലേക്ക് ദുഃഖത്തിന് പ്രവേശമില്ല ശരീരവും മനസ്സും ഉള്ളപ്പോൾ ദുഃഖമുണ്ട് ശരീരവും മനസ്സുമില്ലാതെ നമ്മൾ മാത്രമുള്ളപ്പോൾ സുഖമേ ഉള്ളൂ സുഖം നമ്മളുടെ സ്വരൂപമാണ് ദിവസം അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണുണ്ട് അറിവല്ല എക്സ്പീരിയൻസ് അറിവിന്റെ കുറവേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അറിവിന്റെ കുറവേ ഉള്ളൂ അനുഭവം ദിവസം നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് അത് എന്ന് പറഞ്ഞു തരാൻ ഒരു ശാസ്ത്രമും ഗുരുവൊക്കെ വേണ്ടി നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന പൂർണ്ണ വസ്തു നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്വരൂപമാണ് നിങ്ങൾ അതാണ് എന്ന് ബോധിപ്പിക്കുകയും ആ ബോധനം അനുഭവമായി ഏറ്റ് സ്വയം പൂർണമാവാൻ താവദേവച്ഛരം അത്രേ വേണ്ടുവന്നാണ് ആ ബോധനത്തിനാണ് അർജുനനെയും അർജുനനെ എന്തൊക്കെയോ ചോദിച്ചു ഭഗവാന്റെ അടുത്ത് ഒന്നും ഭഗവാൻ അതൊക്കെ കൊടുത്തു അവസാനം തേരൂട്ടിയായിട്ട് വരണം എന്ന് അതും പറഞ്ഞു ചെയ്തു കൊടുത്തു അതാണ് അർജുനൻ പറഞ്ഞത് ഈ കൃഷ്ണന്റെ അടുത്ത് ഇത്രയും വലിയ കാര്യമുണ്ടെന്ന് ഇത്ര കാലം മനസ്സിലായില്ലോ ഒന്ന് എന്തൊക്കെ ഞാൻ പറഞ്ഞു ഭഗവാൻ അടുത്തൊക്കെ ചെയ്തു സാരഥ്യം വരക്കും ചെയ്തു ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തു ദൂതനായിട്ട് പറഞ്ഞു അങ്ങോട്ട് പോയി മന്ത്രിയായിട്ട് വിളിച്ചു മന്ത്രിയായിട്ട് വന്നു അകരോഹോ സചിവം ദൂതം സൗഹൃദാഥ സാരഥ്യം സാരഥിയായിട്ട് ചെയ്യുന്നു സാരഥിയായിട്ടിരുന്നു അപ്പോഴൊന്നും ഭഗവാൻ സാരഥിയായിട്ടിരിക്കുമ്പ ച്മാ ഒരു സമയം കിട്ടുമ്പോ രണ്ട് വേദാന്തം ഒന്നും പറഞ്ഞില്ല അർജുന ഇതും എനിക്ക് അറിയുന്ന അറിഞ്ഞോട്ടെ ഒന്നും വണ്ടിയില്ല സമയം എപ്പോ അർജുനൻ ഇതിന് ഓപ്പനാണോ ദുഃഖിക്കുമ്പോഴും പറഞ്ഞില്ല ചിലപ്പോഴൊക്കെ ആളുകൾ ദുഃഖിക്കുമ്പോ കേൾക്കുകയേ ഇല്ല ആളുകൾ പറയുന്നത് അർജുനന് വിഷാദം വന്നപ്പോ ഭഗവാൻ അങ്ങനെയല്ല വിഷാദം വന്നാലും ഓപ്പൺ ആവില്ല പല ആളുകളും വിഷമിക്കുമ്പോ നമ്മളിപ്പോ ഇത് വേദാന്തം പറഞ്ഞു നോക്കൂ അടി കിട്ടും വിഷമിക്കുമ്പോ നിങ്ങള് പോയിട്ട് മരണമില്ല ജനനമില്ല ആരും മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മരിച്ചിട്ടേ പറ്റുള്ളൂ പിന്നെ ഇറങ്ങാൻ പറ്റും മരിച്ചു വീട്ടിൽ പോയിട്ട് മരണമില്ല എന്നൊക്കെ നമ്മൾ ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ എല്ലാം വിഷമത്തിലിരിക്കണ ആളുകളുടെ അടുത്ത് പോയിട്ടേ കാര്യം ശരി നിങ്ങള് അജ്ഞാനം കൊണ്ടാണ് കരയണത് മരണമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സമാധി അവിടെ കെട്ടിക്കളഞ്ഞു അല്ലേ അപ്പോ ദുഃഖിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഇത് ശരിയാവില്ല ശോകമെന്ന് പറയുന്നത് തമോ ഗുണമാണ് പിന്നെ എന്താ അർജുനന് പറയാൻ കാരണമെന്ന് വെച്ചാൽ ശോകം ചിലപ്പോ ഹയർ പ്ലെയിനിലേക്ക് തിരിച്ചുവിടും എന്താണ് അതിന് കാരണമാവുക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ശോകം ചിലപ്പോ എന്തെങ്കിലും നഷ്ടപ്പെടല് ചിലപ്പോ വളരെ നമ്മൾ അഭിമാനിച്ചിരിക്കുന്ന ഒരു വസ്തു നശിച്ചു പോയാൽ പെട്ടെന്ന് ഞാൻ വൈരാഗ്യം വന്നു ചിലർക്ക് ഭഗവാൻ അതാണ് വഴിവെക്കുക ഭാഗവതത്തിലെ പാമനാവതാരം അതാണ് മഹാബലി എന്തൊക്കെ പിടിച്ചിരിക്കണോ അതൊക്കെ ഭഗവാൻ എടുത്തു സാഹങ്കാരോ അവസ്ഥാനം അനുഗ്രഹം ഏതിൽ അഹങ്കാരം ഉണ്ടോ അതിന് തല്ലി പൊട്ടിച്ചാൽ അതിനെ എടുത്തിട്ട് ഭഗവാൻ മഹാബലിയെ ഫ്രീ ആക്കി അല്ലേ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ജീവിതത്തിന് പാടാണോ അതൊക്കെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ജീവിതം തമിഴ് സിനിമയൊന്നുമല്ല അല്ലേ തമിഴ് സിനിമ ഇപ്പോഴത്തെ സിനിമ എനിക്ക് നിശ്ചയില്ല പഴയ കാലത്ത് എല്ലാ സിനിമയും ഒരു കല്യാണത്തിൽ അവസാനിക്കും പിന്നെ ശുഭം എന്ന് പറഞ്ഞു വരും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങുക വിഷമങ്ങളൊക്കെ തുടങ്ങുക പിന്നെ ഒന്നും പറയാൻ പാടില്ല അല്ലേ അപ്പോൾ അതുപോലെ ജീവിതവും എല്ലാവരും ആശിക്കുന്നത് അതാണ് എല്ലാ ഒരു മംഗളം ഒരു ശുഭമായിട്ടിരിക്കണം പക്ഷെ അങ്ങനെയാണോ ഒരു നിയമല്ല ഏയ് നമ്മള് നേരെ ചൊവ്വേ നാരായണിയും ചൊല്ലിക്കൊണ്ടിരുന്ന സൂക്കേട് വരില്ല എന്ന് പറഞ്ഞ അപ്പൊ അവർക്കായിരിക്കും വരിക അപ്പൊ ചോദിക്കും ഇത്ര കാലം ഗുരുവായൂരപ്പനെ ഭജിച്ചു എന്നിട്ട് ഇങ്ങനെ ചതിച്ചുവല്ലോ ഗുരുവായൂരപ്പനടുത്ത് പോയി പറഞ്ഞ ഗുരുവായൂരപ്പൻ പറഞ്ഞത് അതെ നിങ്ങൾ എനിക്ക് ചൊല്ലാൻ കിട്ടിയല്ലോ ൊ അപ്പോഴാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഇത് തന്ന എങ്ങനെ ഉണ്ടാവും തോന്നി പരീക്ഷണം ചെയ്ത് നോക്കിയത് എനിക്ക് ആരാണോ വളരെ ഇഷ്ടം അവരെടുത്ത് ചിലപ്പോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യ അനുഗ്രഹമിച്ചാമി തദ്വിഷോ വിധുനോമ്യഹം ആർക്ക് അനുഗ്രഹം അവന്റെ ഉള്ളിലുള്ള അഹങ്കാരത്തിന് അഭിമാനത്തിന് വ്യാപാര ബുദ്ധിയോ ഒക്കെ ഞാൻ തല്ലിപ്പൊട്ടിക്കുന്നു ഈ വളരെ വേദനയാണ് എന്നാ എനിക്ക് ഭഗവാൻ വേണ്ട പോയിക്കോളൂ പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാനുള്ള ഡോറുണ്ടാവില്ല പക്ഷെ അവിടെ പോയി കഴിഞ്ഞാലും ഈ വിഷമങ്ങൾ വേദനകളൊക്കെ കാണുന്നുമുണ്ട മുമ്പില് ഒക്കെ അനാവൃത്തമാവും ദുഃഖം സർവത്ര കാണും അതൊക്കെ തരണം ചെയ്ത് അങ്ങോട്ട് പോവുക തന്നെ വേണം നിർവഹ സുഖം അപ്പോ കൃഷ്ണൻ മുമ്പിലിരിക്കുമ്പോൾ അർജുനൻ ഇത്രകാലം ഇതൊന്നും ചോദിച്ചില്ലേ ആ ശ്ലോകത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിലൊന്ന് അനുഗ്രഹം ഈശ്വരന്റെ അനുഗ്രഹം മഹാപുരുഷ അനുഗ്രഹം ജ്ഞാനികളുടെ അനുഗ്രഹം എന്താന്ന് വെച്ചാൽ എപ്പോഴെങ്കിലുമൊക്കെ അവരോട് ഇത് ചോദിക്കണം എന്നു തോന്നും ജ്ഞാനികൾ ശ്രുതി പറയണത് ജ്ഞാനി ജ്ഞാനിയല്ല ജ്ഞാനമാണ് എന്നാണ് ബ്രഹ്മവിത്ത് ബ്രഹ്മമാണ് ബ്രഹ്മ വിത്ത് അല്ല അത് പേരിന് പറഞ്ഞു അയാൾ ബ്രഹ്മം അറിഞ്ഞ ആളാണെന്നാണ് പക്ഷെ ബ്രഹ്മമാണ് അവൻ ഹി ഈസ് എ പ്രസൻസ് ഹി ഈസ് എ പവർ ഹി ഈസ് സംതിങ് ഇൻസ്ക്രൂട്ടബിൾ ഹി ഈസ് നോട്ട് എ പേഴ്സൺ അറിഞ്ഞ ആളുകളുടെ കൂടെ നമ്മൾ കുറെ കാലം പഴകി കഴിയുമ്പോൾ അറിയാം ഇവര് ഒരാളല്ല എന്ന് മനസ്സിലാവും അവിടെ ആളെ ഇല്ല അവിടെ വേറെ എന്തോ ഒരു വസ്തുവാണ് പ്രകാശിക്കണത് പക്ഷെ പുറമേക്ക് കാണുമ്പോ ഒക്കെ നമ്മുടെ ആളുകളുടെ ലക്ഷണങ്ങളും പെരുമാറ്റങ്ങളും ഇന്ദ്രിയങ്ങളും ആ ഉപാധിയുടെ സ്വഭാവമൊക്കെ ഉണ്ടാവും അപ്പൊ എന്താ അതിൻ്റെ അതിൻ്റെ അനുഗ്രഹ ശക്തി എന്ന് പറയുന്നത് തന്നെ എന്താന്ന് വെച്ചാൽ അത് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പൃഷ്ടെ കശ്യൂയാ ചോദിച്ചിട്ടില്ലെങ്കിൽ പറയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പക്ഷേ മഹാപുരുഷന്മാരുടെ അടുത്തിരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ ഈ വിദ്യയെ ചോദിക്കും കേൾക്കും ഉള്ളിൽ വീഴും അപ്പൊ അർജുനൻ ഭഗവാന്റെ അടുത്ത് എനിക്ക് ഗീത പറഞ്ഞു തരൂ ചോദിച്ചത് അർജുനന്റെ സാമർഥ്യം കൊണ്ടൊന്നും അല്ല ഭഗവാൻ ഉള്ളുകൊണ്ട് പറഞ്ഞു ഇപ്പോഴെങ്കിലും ചോദിക്കടാ കാലായി എന്തൊക്കെ ചോദിച്ചു യുദ്ധത്തിന് ചോദിച്ചു പാശുപഥം വേണം ചോദിച്ചു കല്യാണം കഴിക്കണം ചോദിച്ചു എന്തൊക്കെയോ ചോദിച്ചു ഭക്തി ചെയ്യുമ്പോ ഭഗവാൻ ആശീർവദിക്കണത് എങ്ങനെയാണ് കുറെ കാലം അവസാനം ഗുരുവായൂരപ്പൻ പറഞ്ഞു ഇനി ഒന്ന് ചോദിക്കൂ നീ എങ്കിലൊക്കെ ചോദിക്കൂ ഞാൻ പറയട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത് പറയട്ടെ എന്നാണ് ആദ്യം നീ ചോദിക്കണത് ഞാൻ തന്നു ഇപ്പൊ എനിക്ക് തരാൻ ഇഷ്ടമുള്ളത് തരട്ടെ അപ്പോഴാണ് അർജുനൻ നോക്കുക അബ്രപ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് ഗീതയില് എന്തൊക്കെയോ പറഞ്ഞു ഞാൻ ചെയ്യില്ല യുദ്ധം ചെയ്യില്ല ഒക്കെ നശിച്ചു പോവും ഒക്കെ എന്തൊക്കെയോ പ്രസംഗിച്ചിട്ട് ഇടേക്കൂടി പറഞ്ഞു ഷാതിമാം ത്വാം പ്രപന്നം എനിക്കൊന്നും അറിയില്ല ഭഗവാനെ എനിക്ക് വഴി ഉപദേശിച്ചു തരൂ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരൂ എന്ന് ഇടേക്കൂടി കയറിയിട്ട് ചോദിക്കോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു ഇനിയിപ്പോ ഉപദേശം ആവാം എന്താ ചോദിച്ചു ഒരു ഉറവ് കോൽ നട്ട് പറഞ്ഞു അല്ലേ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് യു ഹാവ് ടു എസ് എ കണക്ഷൻ വിത്ത് ഹ്യം ഏതോ ഒരു റിലേഷൻഷിപ്പ് ഉറവ് കോൽ നട്ട് ഇനി ഉണർവ് കയ്യാൽ ഈർത്ത് എന്ന് പറഞ്ഞു ആ കയറി കടയണ പോലെ അങ്ങോട്ട് കടയണമെങ്കിൽ ഒരു കണക്ഷൻ ലിങ്ക് വേണം ഈ ഗുരുവിനും ശിഷ്യനും തമ്മില് ലിങ്ക് വേണം ആചാര്യപൂർവരൂപം അന്തേവാസ്യുത്തരൂപം വിദ്യാസന്ധി പ്രവചനകും സന്ധാനം അപ്പൊ ഈ കണക്ടി ലിങ്കിന് ഒരു ഒരു മൂല ഒരു ബീജം വിതച്ച ശേഷം അർജുനൻ ചോദിച്ചു ഭഗവാൻ പറഞ്ഞുകൊടുത്തു ഓരോ അധ്യായമായി പറഞ്ഞുകൊടുത്തു ഉപാസന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു അവസാനം ഈ മോക്ഷസന്യാസ യോഗം എന്നുള്ള സ്ഥലത്ത് വരുമ്പോൾ ഗീതാശാസ്ത്രത്തിന് ഭാഷ്യരചന ചെയ്ത ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു സർവേവീതാശാസ്ത്ര അർത്ഥ അസ്മിൻ അധ്യായ ഉപസംഹൃത്യ സർവേ വക്തവ്യം അയം അധ്യയേ ആരഭ്യത്തെ ഈ അധ്യായത്തില് ഗീതശാസ്ത്ര ഗീതാശാസ്ത്രത്തിന് മുഴുവനർം ഇതില് പറഞ്ഞു ഉപസംഹരിച്ച് പറയാൻ പോവാണ് വേദാർത്ഥം മുഴുവനും പറയണമെന്ന് നിശ്ചയിച്ച് ഭഗവാൻ ഈ അധ്യായത്തിനെ ആരംഭിക്കുകയാണ് സർഷു ഹി അതീത അധ്യായുക് അർത്ഥ അസ്ൻ അധ്യയേ അവഗമ്യത്തെ ബാക്കി എല്ലാ ചാപ്റ്ററിലും അധ്യായത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഈ അധ്യായത്തില് മനസ്സിലാവും അർജുനഹാത്തു സന്യാസത്യാഗശബ്ദാർത്ഥയോഹോ ഏവ വിവിശേഷം ബുദ്ധുവാ സന്യാസം എന്താണ് ത്യാഗം എന്താണെന്ന് ചോദിച്ചു കൊണ്ടാണ് അർജുനൻ ആരംഭിക്കുന്നത് ആളുകള് സന്യാസം എന്ന് പറഞ്ഞാൽ ഉടനെ പേടിച്ചു പോകും അയ്യോ അതിനൊന്നും ആയിട്ടില്ല പാകപ്പാട് എപ്പോഴേ ശതാഭിഷേകം കഴിഞ്ഞിട്ടുള്ളൂ അപ്പഴേക്ക് സന്യാസം തോന്നുന്നു അല്ലേ സന്യാസം എന്ന് പറഞ്ഞ് ഗീതയിൽ മുഴുവനുണ്ട് ഈ പറയുന്ന ആളും നമ്മൾ വിചാരിക്കുന്ന പോലെ സന്യാസിയല്ല കേൾക്കണ അർജുനന് സന്യാസിയല്ല എഴുതിയ വ്യാസനും സന്യാസിയല്ല പക്ഷെ സന്യാസിയാണ് അപ്പൊ സന്യാസം എന്നുള്ളത് ഗീതയിൽ മുഴുവൻ ഉണ്ട് ത്യാഗം എന്ന് പറയുന്നത് ഇത് രണ്ട് നമ്മൾ രണ്ടർത്ഥമായിട്ടാണ് വെച്ചിരിക്കണത് ഇത് രണ്ടിന്റെയും സാരമറിയാനായിട്ട് എസെൻസ് അറിയാനായിട്ട് ത്യാഗം എന്താണ് സന്യാസം എന്താണ് എന്ന് അറിയാൻ ആശിച്ചുകൊണ്ട് അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ ത്യാഗം എന്താണ് സന്യാസം എന്താണ് ശ്ലോകം പതിവ് പോലെ വായിക്കാം സന്യാസ്യ മഹാബാഹോ താമി വേദിത്തും ിഷൂതന ഭഗവാൻ കേശി എന്ന് കുതിരയുടെ രൂപത്തിൽ വന്ന ഒരു അസുരനെ നിഗ്രഹിച്ചത് ഭാഗവതത്തിലുണ്ട് അല്ലേ അതിൽ കുറെ അർത്ഥം ഉണ്ടാവാം വിസ്തരിച്ചു പറഞ്ഞാൽ അശ്വമേധത്തിനെ തന്നെ സൂചിപ്പിക്കുന്നതായിട്ട് തോന്നാം അശ്വമേധം എന്താണെന്ന് ചാന്തോഗ്യ ഉപനിഷത്ത് പറയുന്നുണ്ട് ജീവിതം തന്നെ ഒരു അശ്വമേധ യജ്ഞമാണ് ഇങ്ങനെ പല കാര്യങ്ങൾ ഇപ്പോ ഭഗവാനെ വിളിച്ച് അർജുനൻ പറയാണ് ഹേ മഹാബാഹു സന്യാസ്യ സന്യാസത്തിന്റെ തത്വം ഇച്ഛാമീ തത്വം അറിയാൻ ഞാൻ ആശിക്കുന്നു പൊതുവേ ന്യാസശബ്ദം ത്യാഗാർത്ഥത്തിലാണ് ന്യാസ ഏവാരേ ചെയ ശ്രുതി അവസാനം നിരൂപണം ചെയ്യാണ് ഇത് ശ്രേഷ്ഠമാണോ അതു ശ്രേഷ്ഠമാണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ട് അവസാന ഉപനിഷത്ത് പറഞ്ഞു എല്ലാം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതാ സത്യം പറയണതിനേക്കാളും നുണ പറയാതിരിക്കണതിന് ബലം കൂടും വേദം ചിലതൊക്കെ ചെയ്യൂ എന്ന് പറയണു ചിലതൊന്നും ചെയ്യരുത് എന്ന് പറയണു വേദം ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാ മതി വേദം കർമ്മങ്ങളെ വിധിക്കുന്നത് തന്നെ ചെയ്യാൻ പാടില്ലെന്ന് നിഷേധിച്ച കാര്യങ്ങളെന്ന് നമ്മളെ രക്ഷിക്കാനുള്ള ഒരു ഉപായമായിട്ടാണ് അതുകൊണ്ട് വേദത്തിന് താല്പര്യം നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കല്ല കർമ്മ മോക്ഷായ കർമാണി വിദഗ്ധ കർമ്മത്തിൽ നിന്ന് നമ്മളെ നിവൃത്തി പിടിപിടിവിപ്പിക്കാനായിട്ട് സ്വതന്ത്രമാക്കാനായിട്ടാണ് വേദം കർമ്മത്തിനെ വിധിക്കുന്നത് അപ്പോ ഇവിടെ സന്യാസം ത്യാഗം എന്ന് രണ്ടു കാര്യം ചോദിച്ചു നിങ്ങൾ പതുക്കെ നമ്മൾ ഇതിനകത്തേക്ക് കിടക്കുകയാണിപ്പോ നിങ്ങൾ ഒരു പ്രിജുഡീസി ഇല്ലാതെ കേൾക്കണം അർജുനനോട് ഭഗവാൻ പറഞ്ഞ പോലെ അനസൂയുമായിട്ട് കേൾക്കണം സന്യാസം എന്ന് പറഞ്ഞാൽ ഉടനെ ഉള്ളില് കാഷായമും മുണ്ടനമും ഒക്കെ കണ്ടുപേടിക്കരുത് സന്യാസവും ത്യാഗവും ഒരേ കാര്യമാണ് ഗീതാർത്ഥം ജ്ഞാനമാണ് സന്യാസമെന്ന് ഭഗവാൻ പറഞ്ഞു ജ്ഞാനമാണ് സന്യാസത്തിന്റെ സ്വരൂപമെന്ന് പറഞ്ഞു അത് വളരെ സൂക്ഷ്മമായ ഒരു വിഷയമാണ് ന്യാസമെന്ന് പറഞ്ഞാൽ വയ്ക്കേണ്ട സ്ഥലത്ത് വെക്കുക എന്നൊരു അർത്ഥം വൈദികമായ സംവിജ്ഞയാണ് എന്തിനെ എവിടെ വയ്ക്കണോ അതിനെ അവിടെ വെക്കുക അഗ്നിമൃ അമൃതം ബ്രഹ്മണി ഇത് ന്യാസമാണ് അഗ്നിയെ വാക്കില് വെക്കണു വാക്ക് ഹൃദയത്തില് വെക്കണു ഹൃദയ സ്വരൂപമാണ് അത് ബ്രഹ്മമാണ് ഇങ്ങനെ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിനെ ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയത്തിനെ മനസ്സിലും മനസ്സിനെ ഹൃദയത്തിലും ഹൃദയത്തിനെ സ്വരൂപത്തിലും അടക്കി പ്രപഞ്ചത്തിനെ മുഴുവൻ സ്വരൂപത്തിൽ ഹോമം ചെയ്യുന്നത് ന്യാസമാണ് ഇത് വളരെ ഉയർന്ന ഒരു വിഷയം ഇപ്പോ സാധാരണമായിട്ട് അർജുനൻ ഇപ്പോൾ ഗീതാശാസ്ത്രം പൂർത്തിയാക്കുമ്പോൾ അർജുനൻ ചോദിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നിവൃത്തി മനുഷ്യൻ ആശിക്കണ ഒരു കാര്യമാണ് എല്ലാ വിഷമങ്ങളും ഒന്ന് പിടിവിട്ട് പുറത്ത് വരിക ഒരു സമാധാനം ശാന്തി നമുക്ക് ഈശ്വര അനുഗ്രഹം ഉണ്ടാവുമ്പോൾ അറിയാം അത് എന്തെങ്കിലും ചെയ്തിട്ട് സാധിക്കില്ലാന്നറിയാം അപ്പോഴാണ് ഗുരുവിന്റെ അടുത്ത് ചെന്ന് ചോദിക്കലും ഗുരു ഒരു വലിയ ഉപദേശം കൊടുത്തു ഒരു ശിഷ്യൻ പന്ത്രണ്ട് വർഷം ഗുരുവിന് ശുശ്രൂഷ ചെയ്തിട്ട് ചോദിച്ചു എനക്ക് ഏതാവി ഉപദേശം കൊടുങ്ങോ എന്ന് ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞു ചുമ്മായിര് പന്ത്രണ്ട് വർഷം ശുശ്രൂഷ ചെയ്തത് ഇത് കേൾക്കാനാണോ അപ്പ ആ ശിഷ്യൻ പറഞ്ഞു ചുമ്മായിര് അമ്മാരുളൊണ്ടും അറിന്തിലേ ആ ഗുരു ചുമ്മാര് പറഞ്ഞതും മൂന്ന് പൊരുൾ മറിഞ്ഞു എന്താ ഈ മൂന്ന് പൊരുൾ വെച്ചാൽ ജഗത്ത് എന്നുള്ള പൊരുൾ പോയി ഈശ്വരൻ എന്നുള്ള പൊരുളും പോയി ജീവൻ എന്നുള്ള പൊരുളും പോയിരുന്നു അഖണ്ഡമായി ഒരു പൂർണ്ണ വസ്തു താനേ താനായി ഹൃദയത്തിൽ പ്രകാശിച്ച് ശാന്തി മാത്രേ ഉണ്ടായിരുന്നു അത് തന്നെ ബ്രഹ്മം ഇതിനെന്തു ഉപദേശം കൊടുത്തു ചുമ്മാ ഇരുന്ന് പറഞ്ഞു താനായി ഇരിക്കൂ തന്റെ സ്വരൂപത്തിലിരിക്കൂ ഈ ഒരു കംപ്ലീറ്റ് റെസ്റ്റ് വിശ്രമം ജന്മമൃത്യു ജരാതപ്ത ജനവിശ്രാന്തിദിനി എന്ന് ദേവിയെ സ്തുതിക്കണം മനുഷ്യനെ ജനിച്ചും മരിച്ചും പലതും വ്യവഹരിച്ചും മതിയായി അവസാനം അപ്പൊ ആശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വിശ്രമം അത് ഉറക്കത്തിലുള്ള വിശ്രമം പോലെ ടെമ്പറിയല്ല ശാശ്വതമായ വിശ്രമം അതിനുള്ള ഒരു ദാഹ ഉള്ളിൽ വരുമ്പോ ഒരു വാക്ക് ഗുരുവിൽ നിന്ന് കിട്ടുമ്പോൾ ചിലപ്പോൾ അത് കിട്ടും അതറിയാൻ കൊതിച്ചുകൊണ്ടാണ് ത്യാഗത്തിന്റെ സൂക്ഷ്മർത്ഥത്തിന് അർജുനൻ ചോദിക്കുന്നത് ഭഗവാനെ പറഞ്ഞു തരൂ ഹേ കൃഷ്ണ പറഞ്ഞു തരൂ പല സ്ഥലത്തും ത്യാഗത്തിനേയും സന്യാസത്തിനേയും കുറിച്ച് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ നിർണയം അറിയാനായിട്ട് ഞാൻ ചോദിക്കുകയാണ് ശരിക്കും ഞാനിപ്പോ എന്താ ചെയ്യേണ്ട സന്യാസം എടുക്കണോ സന്യാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കണം ഇതൊക്കെ വലിയ പ്രശ്ന സന്യാസം ത്യാഗം ഇതൊക്കെ നമ്മളായിട്ട് അതിന് ചില അർത്ഥം കൊടുത്തിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ച് കൺഫ്യൂഷൻ പരസ്പരം വാദങ്ങളും ജീവിക്കാൻ ഉള്ള വിഷമങ്ങളൊക്കെയാണ് അപ്പൊ പലർക്കും ഈ ചോദ്യങ്ങൾക്കുള്ളിൽ വരും എന്തിനെയാണ് ത്യജിക്കേണ്ടത് രമണ മഹർഷിയുടെ അടുത്ത് പാൾ ബ്രഹൻ ചോദിച്ചു ഷുഡ് ഐ നോട്ട് ഗീവ് അപ്പ് ഓൾ മൈ പൊസിഷൻസ് മഹർഷി പറഞ്ഞു ദ പൊസസ് ടു അത്രയേ ഉള്ളൂ എല്ലാ പൊസൻസ് എന്റെ പരിഗ്രഹമൊക്കെ വിടണ്ടേന്ന് ചോദിച്ചു ആ വിടണവനെയും വിട്ടേക്കുന്നു ചിന്മയൻ സ്വാമി ഒരിക്കലും പറഞ്ഞു നമ്മുടെ ഭഗവാനെ കാണാൻ പോയപ്പോ സന്യാസമൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം പോയി അപ്പോ മഹർഷിയുടെ അടുത്ത് എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് മനസ്സിൽ തോന്നി ആരും ഇല്ലാത്തപ്പോ ചോദിക്കണം തോന്നി അപ്പൊ അഞ്ചാറു പേരുണ്ടായിരുന്നു എണീറ്റ് പോയി അത്രേ സ്വാമി പോയിട്ട് അടുത്ത് പോയി എനിക്കൊരു സംശയം ചോദിക്കാൻ എല്ലാരും പോട്ടെ എന്ന് പറഞ്ഞു മഹർഷി എല്ലാവരും പോയി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അതും പോട്ടെ എന്ന് പറഞ്ഞു